നമ്മുടെ സമാഗമത്തിൽ പ്രതീക്ഷയില്ലാത്തവർ പറഞ്ഞു മലക്കുകൾ നമ്മുടെ അടുക്കൽ ഇറങ്ങിവരേണ്ടതില്ലേ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാവിനെ നമുക്ക് കാണേണ്ടതില്ലേ അവർ തങ്ങളുടെ മനസ്സുകളിൽ അഹങ്കരിക്കുകയും വലിയ ധിക്കാരത്തിൽ ഏർപ്പെടുകയും ചെയ്തു